ഭൂമിയിൽ അടുത്തടുത്തുള്ള പല ഭൂഭാഗങ്ങളുണ്ട് മുന്തിരിത്തോട്ടങ്ങളും കൃഷികളും ഒരേ തായ്തടിയിൽ നിന്നുള്ളവയും അല്ലാത്തവയുമായ ഈന്തപ്പനകളും അവിടെയുണ്ട് അവ ഒരേ വെള്ളം കൊണ്ട് നനയ്ക്കപ്പെടുന്നു എങ്കിലും ഫലങ്ങളിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ നാം ശ്രേഷ്ഠമാക്കുന്നു തീർച്ചയായും ബുദ്ധി ഉപയോഗിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്